നിങ്ങളിലെ അവിവാഹിതരെയും നിങ്ങളുടെ അടിമകളിൽ സൽസ്വഭാവമുള്ളവരെയും നിങ്ങൾ വിവാഹം കഴിപ്പിക്കുക അവർ ദരിദ്രരാണെങ്കിൽ അല്ലാഹുസുബഹാനഹുവറ്റ ആല തന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് ഐശ്വര്യം നൽകുന്നതാണ് അള്ളാഹുസുബഹാനഹുവറ്റ ആല വിശാലനുമെല്ലാം അറിയുന്നവനുമാകുന്നു